അത് നിങ്ങളുടെ വ്യാമോഹങ്ങൾ കൊണ്ടോ വേദക്കാരന്റെ വ്യാമോഹങ്ങൾ കൊണ്ടോ അല്ല ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിനവൻ പ്രതിഫലം അനുഭവിക്കേണ്ടി വരും അള്ളാഹുസുബഹാനഹൂവ താലയല്ലാതെ അവനൊരു രക്ഷാധികാരിയോ സഹായിയോ കണ്ടെത്താനാവില്ല